നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്കു മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം ഉപദ്രവങ്ങൾ കേൾക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം വേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്